പിന്നീട് അള്ളാഹുസുബാനഹുവറ്റ ആല തൻറെ ദൂതന്റെ മേലും സത്യവിശ്വാസികളുടെ മേലും തൻറെ ശാന്തി ഇറക്കി നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ അവനിറക്കുകയും അവിശ്വാസികളെ ശിക്ഷിക്കുകയും ചെയ്തു അവിശ്വാസികൾക്കുള്ള പ്രതിഫലം അതാകുന്നു